പറയുക നിങ്ങളുടെ പിതാക്കളും പുത്രന്മാരും സഹോദരങ്ങളും ഭാര്യമാരും ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ച ധനവും നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന വ്യാപാരവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന വീടുകളും അല്ലാഹു സുബഹാനുഭൂവ താരയേക്കാളും അവൻ്റെ ദൂതനേക്കാളും അവൻറെ മാർഗത്തിലുള്ള സമരത്തെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ അള്ളാഹു സുബഹാനുഭൂവ തായ തന്റെ വിധി നടപ്പിലാക്കുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക ധിഖാരികളായ ജനങ്ങളെ അല്ലാഹു സുബഹാനുഭൂവ ചായാല സന്മാർഗത്തിലാക്കുകയില്ല